ദൈവനാമത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്കാണ് വന്നിരിക്കുന്നത് കർത്താവ് കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചു കർത്താവ് സൂക്ഷിച്ചു കർത്താവിൻ്റെ വിധങ്ങളെയും വഴികളെയും നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കാം നമുക്ക് ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നോക്കാം ആവർത്തന പുസ്തകം പതിനൊന്നാമധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സാധാരണ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അതിങ്ങനെ വായിക്കാം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ ഹോയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു സത്യത്തിൽ ഈ ആണ്ട് കാലം ഇതിനെയൊക്കെ ആരാണ് സൃഷ്ടിച്ചത് ഇതിനെ സൃഷ്ടിച്ചത് ദൈവം തന്നെ അതുകൊണ്ട് തന്നെ ആണ്ടുകളും കാലങ്ങളും കടന്നു പോകുമ്പോൾ ദൈവത്തിനൊരത്ഭുതമൊന്നുമില്ല നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഏഹ് വർഷങ്ങളൊക്കെ കടന്നുപോയി നാളുകൾ കടന്നുപോയി നമ്മൾ മനുഷ്യർക്കുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ചിന്തകളോ അത്ഭുതങ്ങളോ ദൈവത്തെ സംബന്ധിച്ചില്ല കാരണം ദൈവമാണ് ഈ ആണ്ടുകളും കാലങ്ങളും ഈ സംവിധാനമൊക്കെയും ഒരുക്കിയിരിക്കുന്നത് ഈ ആണ്ടും കാലവും ദിവസങ്ങളും രാത്രിയും പകലുമെല്ലാം എങ്ങനെയാണ് വരുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഭൂമിയുടെ കറക്കവും ഇതുകൊണ്ടും എല്ലാമാണ് വരുന്നത് ഇതെല്ലാം ക്രമീകരിച്ചത് ദൈവം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഓ വലിയ ഒരു വർഷം കടന്നു പോകുന്നു വരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ മനുഷ്യരെന്നുള്ള നിലയിൽ പലതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഇതിൻ്റെ അകത്തൊരു പുതുമില്ല ദൈവത്തിന് ഈ കാര്യം ഒരു അത്ഭുതമല്ല എന്ന് പ്രാഥമികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കും നമ്മൾ നമ്മുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുമ്പോൾ ഒരാണ്ട് കടന്നു പോകുന്നതും പുതിയ ആണ്ട് വരുന്നതും നമുക്കൊരു അത്ഭുതവും അതുപോലെ തന്നെ ആകുല ചിന്തകളും ഒക്കെ വരാമെങ്കിലും ദൈവം അങ്ങനെയല്ല ഇന്ന് തന്നെയല്ല ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച ആണ്ടിൻ്റെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കുന്നു കണ്ടോ ദൈവത്തെ ഒരു പൊതുവായ ഒരു ദൈവം എന്നല്ല പറയുന്നത് ആ വാക്യത്തിൽ പിന്നെന്താ പറയുന്നത് നിൻ്റെ ദൈവമായ ഹോവ എന്ന് വളരെ പേഴ്സണലായിട്ട് വളരെ വ്യക്തിപരമായിട്ട് പറയുക പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഈ കാര്യത്തെ കൊണ്ടുവരാം രണ്ടായിരത്തി പതിനേഴിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു ആണ്ടെന്ന് പറയുമ്പോൾ അത് കേവലം ആ വർഷം മാത്രമല്ലല്ലോ ആ വർഷത്തിലൂടെ കടന്നു നാം ഓരോരുത്തരുമാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു ദൈവം ആ കാര്യങ്ങളെ പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുവന്നു ദൈവം നമ്മുടെ കൂടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു പുതിയ ചിന്തയൊന്നുമല്ല പക്ഷേ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലും പലപ്പോഴും സഹോരന്മാർ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പലരും ചിന്തിക്കുന്ന എനിക്കിതിനെല്ലാം മറുപടി ഉണ്ടെന്നാണ് എനി പക്ഷേ സത്യത്തെ എനിക്കിതിനൊന്നും മറുപടിയില്ല പല കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നു ഇന്നലെ ഒരു മരണം കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് സഹോദരന്മാർ മടങ്ങി വരുമ്പോൾ വിളിക്കുകയാണ് നമ്മുടെ ഒരു സഹോദരൻ നെഞ്ചിനുവേദനയായിട്ട് ഐ സിയുയിൽ അഡ്മിറ്റാണ് അപ്രതീക്ഷിതമായിട്ട് ഓരോ കാര്യങ്ങൾ വരിക അപ്പോൾ പലരും എന്താ ബ്രദറെ എന്താ ചെയ്യേണ്ടത് അപ്പോഴൊക്കെയും ഞാൻ പറയാറുള്ളത് ഒരു കൊച്ചു കാര്യമാണ് ദൈവമുണ്ട് എന്ന് പറയും ദൈവമുണ്ട് അതൊരു പുതിയ കാര്യമാണോ ദൈവമുണ്ടെന്നുള്ളത് ദൈവമുണ്ടെന്നുള്ള പുതിയ കാര്യമല്ല പക്ഷേ ദൈവം ഉണ്ട് സ്നേഹവാനായ ദൈവമുണ്ടെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വന്നാൽ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ളൂ അല്ലാതെ വേറെ അതിനെ കവിയുന്ന പ്രശ്നമൊന്നുമില്ല ദൈവത്തെ കവിയുന്ന പ്രശ്നം ഒന്നുമില്ല സ്നേഹവാനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിനെ കവിയുന്ന ഒരു പ്രശ്നവും ഈ ലോകത്ത് നമുക്ക് വരാനില്ല രണ്ടായിരത്തി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലൊട്ട് വരാനും പോകുന്നില്ല കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മുടെ വിശ്വാസമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് വരട്ടെ ദൈവമായ യഹോയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേലിരിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ട് മൊത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവായു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു എന്നെ ആരെന്ന് എല്ലാവരും പറയുന്നു എന്ന് ചോദിച്ചു സാധാരണ ആളുകളെന്തോ പറയുന്നെന്നുള്ളതിനെക്കുറിച്ച് ലീസ്റ്റ് ബോധേടാണ് കർത്താവ് കർത്താവ് ഒട്ടും ആളുകളെന്തോ പറയുന്നു എന്നെക്കുറിച്ച് എന്തോ ചിന്തിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കുന്നു പക്ഷേ അന്ന് കർത്താവ് ചോദിച്ചു നിങ്ങൾ മനുഷ്യരെ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു ഏ അപ്പോൾ അവർ പറയുന്നു അതിൻ്റെ മത്ത എഴുതിയ സുശേഷം പതിനാറാമധ്യായം നമുക്ക് ആ സംഭവം അറിയാം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് അപ്പോൾ അവർ പറയുന്നു ചിലർ പറയുന്നു യോഹനസ്നാപനെന്ന് പറയുന്നു ചിലരെ ഏലിയാവെന്ന് പറയുന്നു വേറെ ചിലര് എല്ലാവരും വളരെ തിയോളജിയൊക്കെ അറിയാവുന്നതും ഹിസ്രായേലിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്നവരുമാണ് അതുകൊണ്ട് അവരിതൊക്കെ ഇതിൻ്റെ അകത്ത് ഗവേഷണമൊക്കെ നടത്തി ഈ നസ്രയത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ ഇവനെ ഏത് കള്ളിയിലാണ് നമുക്ക് ഒതുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അവർ ചിലർ പറഞ്ഞു ഇത് യോഹനശ്രാപകനുമായി ബന്ധപ്പെട്ടത് കാരണം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ച വേറെ ചിലർ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല ഏലിയാവ് ഏലിയാവ് വേറെ തിയോളജി അറിയാവുന്ന കുറച്ചുപേർ കൂടിയിട്ട് ചിന്തിച്ചിട്ട് അവരൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി ഇരമ്യാവ് ഇരമ്യാവ് ഇരമ്യാവ് ഇങ്ങനെയൊക്കെ പറയുന്നു വേറെ ചിലർ പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഒരു പ്രത്യേക ഒരു ഇതൊന്നും പറയണ്ട ദൈവം അയച്ച കാലാകാലങ്ങളിൽ അയച്ച പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് നമുക്ക് പൊതുവായി പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചർച്ചകളും കർത്താവിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ശിഷ്യന്മാർ പറഞ്ഞത് അപ്പോൾ കർത്താവ് ചോദിച്ചു നിങ്ങളോ അതാണ് പ്രധാനം ലോകം പലതും പറയും നിങ്ങളോ നമ്മുടെ കർത്താവ് ചോദിക്കുന്നത് ഈ ലോകം പല കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ നമ്മളെന്താ കണ്ടിട്ടുള്ളത് എന്നറിയാൻ കർത്താവിന് താൽപ്പര്യമുണ്ട് നിങ്ങളെന്നാ പറയുന്നു ഉടനെ ശിമോൻ പത്രോസ് പതിനാറിൻ്റെ പതിനാറ് മത്തായി പതിനാറിൻ്റെ പതിനാറ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ആ ഏറ്റുപറച്ചിലിൽ ഉള്ളത് എന്താണ് അത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്താണ് യേശു എന്താണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു മതിയായിരുന്നു പക്ഷേ ശിയമോൻ പത്രോസ് പറഞ്ഞു വന്നപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ പ്രിയപ്പെട്ടവര് ദൈവത്തിന് ജീവനുണ്ട് അതൊരു പുതിയ കാര്യമാണോ അല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലൊന്ന് വരുന്നത് മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാർട്ടിൻ ലൂഥർ അദ്ദേഹം ഈ റിഫർമേഷന് ദൈവം ഉപയോഗിച്ച പതിനാറ് നൂറ്റാണ്ടിൽ ഉപയോഗിച്ച ദൈവപ്രത്യനാണ് അദ്ദേഹം വളരെ വൈകി ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതും എങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ മാസിയയിൽ ആ ചരിത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു റിഫർമേഷൻ മൂവ്മെൻറ്റ് ഒരു നിലയിൽ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ഒരാൾ വന്നപ്പോൾ പല അച്ഛന്മാരുടെ ഇടയിലും പുരോഹിതന്മാരുടെ ഇടയിലും കന്യാസ്ത്രീകളുടെ ഇടയിലും ഇദ്ദേഹം മുന്നോട്ട് വെച്ച എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ ഒരു സന്ദേശത്താൽ ഈ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും പോലും ചിലരെ പിടിക്കപ്പെട്ടപ്പോൾ ഇതാ ഒരു കന്യാസ്ത്രീകളുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ഒരു അമ്മമാരുടെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കന്യാസ്ത്രീകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുതിരവണ്ടിയിൽ മറ്റെന്തോ സാധനം കൊണ്ടുപോകുന്ന ഒരു കുതിരവണ്ടിയിൽ ആ കുതിരവണ്ടിക്കാരനുമായിട്ടുള്ള അങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത് അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്തുവിടുകയില്ല ആ അവിടെ നിന്ന് അവർ പുറത്തു വന്നു പുറത്തു വന്ന് കുറച്ച് കന്യാസ്ത്രീകൾ ഈ സത്യത്താൽ പിടിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇവരെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ട ഉത്തരവാദിത്വം മാർട്ടിൻ ലൂതറിനായി അങ്ങനെ ഓരോരുത്തരെയായിട്ട് അദ്ദേഹം കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഒടുവിൽ ഒരു സഹോദരി മാത്രമേ ശേഷിച്ചു ഒടുവിൽ ഒരു സഹോദരി ഇവളെ കല്യാണം കഴിക്കാൻ പറ്റിയ ആരെയും കിട്ടിയില്ല അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു മാർട്ടിൻ ലൂഥർ നിങ്ങൾ അവിവാഹിതനാണല്ലോ വൈനൗട്ട് നിങ്ങളങ്ങ് കല്യാണം കഴിച്ചാലെന്താ അപ്പോൾ മാർട്ടിൻ ലൂഥർ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആകാം എന്ന് പറഞ്ഞാണ് ആ സഹോദരിയെ കല്യാണം കഴിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ആ ചരിത്രമല്ല പറയാൻ വന്നത് ആ സഹോദരി വളരെ കാഴ്ചപ്പാടുള്ള ഒരു സഹോദരിയായിരുന്നു ഒരു ദിവസം മാർട്ടിൻ ലൂഥർ ഈ നിലയിൽ നിരാശനായിട്ട് നിരാശനായിട്ട് പല തനിക്കെതിരെ നോക്കുക വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഒരു വലിയൊരു ശക്തി പോലെ നിന്ത അതിന് വിള്ളലൊന്നും വീഴ്ത്താനൊക്കാതെ നിന്ന തലമുറകൾ നിന്ന നൂറ്റാണ്ടുകൾ നിന്ന റോമൻ കത്തോലിക്ക സഭയെന്ന് പറയുന്ന ആ ബാബിലൂന്യമായ ആ സംവിധാനത്തിനെതിരെ ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു അദ്ദേഹം അതിനെതിരെ നിന്നപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും എത്രയെത്ര നിലയിലുള്ള പ്രതികൂലങ്ങൾ തനിക്കെതിരെ വന്നു അങ്ങനെ പ്രതികൂലങ്ങൾ തനിക്കെതിരെ ആഞ്ഞടിച്ച ഒരു സന്ദർഭം താന് നിരാശപ്പെട്ടു പോയി താന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണെങ്കിലും താനും ഒരു മനുഷ്യനാണല്ലോ മനുഷ്യസഹജമായ നിലയിൽ താനും നിരാശപ്പെട്ടു പോയി നിരാശപ്പെട്ട് മാർട്ടിൽ ലൂധർ തലയ്ക്ക് കയ്യുമൊക്കെ കൊടുത്ത് ഇങ്ങനെ നിരാശനായിട്ട് സ്വന്തം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സഹോദരി നമുക്കറിയാം അവളെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഭാര്യ കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് മാർട്ടിൽ വന്നു അവിടെ തരികതി അനുസരിച്ച് ആരെങ്കിലും മരിക്കുമ്പോഴാണ് ആളുകൾ കറുത്തവസ്ത്രം ധരിക്കുന്നത് ഉടനെ മാർട്ടിൽ ലൂഥർ സഹോദരിയോട് ചോദിച്ചു ഭാര്യയോട് ചോദിച്ചു ആരാം ഇന്ന് മരിച്ചതെന്ന് ചോദിച്ചു ഉടനെ ആ സഹോദരി പറഞ്ഞു മാർട്ടിൽ ലൂഥറിൻ്റെ ദൈവം മാർട്ടിൽ ലൂഥറിൻ്റെ ദൈവം മരിച്ചുപോയി മാർട്ടിൽ ലൂഥറിൻ്റെ ദൈവം മരിച്ചുപോയി അതിനാണ് ഞാൻ ഇന്ന് ഈ വസ്ത്രം ധരിച്ചേക്കത് ആ ആ ഒരു കൊച്ചു വാചകം മാർട്ടിൽ ലൂഥറിനോട് ഇടപെട്ടു മാർട്ടിൽ ലൂഥർ വിചാരിച്ചു ശരിയല്ലേ എൻ്റെ ദൈവം മരിച്ചോ ഇല്ല മരിച്ചില്ല മരിച്ചില്ല എൻ്റെ ദൈവം എന്താ ജീവിക്കുന്നു ജീവിക്കുന്നു ജീവനുണ്ട് ജീവനുണ്ട് ദൈവമാണ് നമുക്കറിയാം പൊതുവായിട്ടറിയാം ദൈവത്തിന് മരണമില്ലെന്നറിയാം എങ്കിലും പ്രത്യേക ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ ഇതാ ദൈവം ജീവനുള്ള ദൈവമാണ് എന്നുള്ളതൊക്കെ ഒരു വെളിപ്പാടായിട്ട് കിട്ടിയാൽ അതിൻ്റെ മുമ്പാകെ അലിഞ്ഞില്ലാതായി തീരാനുള്ള പ്രശ്നങ്ങളെ നമുക്കുള്ളൂ അതുകൊണ്ടാവണം ഇവിടെ ഇതാ ശീമോൻ പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ജീവനുള്ള ദൈവം പ്രിയപ്പെട്ടവരെ നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ഒരു ദൈവത്തെയാണ് ജീവനുള്ള ദൈവം അതാണ് കർത്താവിൻ്റെ ഒരു കാര്യം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ രണ്ടാമത് ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളത് കർത്താവിൻ്റെ എക്സിസ്റ്റൻസിനെ കാണിക്കുന്നു ക്രിസ്തു എന്നുള്ളത് തൻ്റെ ശുശ്രൂഷയെ തൻ്റെ ആ കാണിക്കുന്നു താൻ അഭിഷക്തനാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്ന് ഇതാ ഒരു കൊച്ചു വാചകത്തിൽ ശ്രീമോൻ പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു യേശു പറഞ്ഞു ബറിയോന ശിമോനെ ഇത് സത്യത്തിൽ ഇതൊരു വെളിപ്പാടാണ് ഇത് നീ ആലോചിച്ചുണ്ടാക്കിയ ഒരു കാര്യമല്ല നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ നമുക്കിതൊക്കെ പലതും തീയറിയായിട്ട് നമുക്കറിയാം എങ്കിലും ആ രംഗത്ത് നിരാശയുടെ ഒരു രംഗത്ത് എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന ഒരു രംഗത്ത് എല്ലാം എനിക്കെല്ലാം പ്രതികൂലം എന്ന് യാക്കോബ് പറഞ്ഞതുപോലെയുള്ള രംഗങ്ങളിൽ ഇല്ല ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് അന്നേരം നമുക്കൊരു വെളിപ്പാടായിട്ട് കിട്ടണം സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്കിത് വെളിപ്പെടുത്തിയത് ഈ ഭാഗം നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വന്നാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഈ ഭാഗം പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിതേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുക ഈ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ രംഗങ്ങളിൽ നമ്മളിത് ഏറ്റു പറയണം ഏറ്റുപറയുമ്പോൾ അതിന് കൂടുതൽ തെളിച്ചം കിട്ടും വാച്ച് എന്ന് പറയുന്ന ദൈവഭൃത്യൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു ഈ ദൈവഭൃത്യന്മാരുടെ കാര്യമൊക്കെ കുറച്ച് വിചിത്രമാണ് സാധാരണ മനുഷ്യർ കാര്യങ്ങളെ കാണുന്ന പോലെയല്ല അവർ കാര്യങ്ങളെ കാണും നമ്മളൊക്കെ പറയുന്നത് എന്താ വലിയ പ്രശ്നം വരുന്നൊന്നെ പ്രാർത്ഥിക്കണമെന്നല്ലേ പറയുന്നത് മാ ഇദ്ദേഹം പറഞ്ഞു വാജ്വാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കരുത് അന്നേരം പോയി പ്രാർത്ഥിക്കരുത് പിന്നെന്തോ വേണം അന്നേരം ഏറ്റു പറയണം അതായത് കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മതി അതായത് പ്രാർത്ഥനയെക്കാളും അദ്ദേഹം ഒരു പ്രത്യേക കാര്യം ഊന്നി പറയാൻ വേണ്ടിയാണ് അങ്ങനെ അത് പറഞ്ഞത് ഒത്തിരി അപേക്ഷയെക്കാളും നമ്മുടെ കൂടുണ്ട് അവനെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു എൻ്റെ കൂടുണ്ട് അത് ഏറ്റവും പറഞ്ഞാൽ മതി അതിൽ തീരും കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഈ വർഷത്തിൻ്റെ ഒടുവിൽ നിൽക്കുന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കും പറയാം ആ ഇതാ പ്രയാസങ്ങൾ വരും പ്രശ്നങ്ങൾ വരും അതിൻ്റെ മുമ്പാകെ എൻ്റെ ദൈവമായ ഹോവ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നമുക്ക് പറയണം നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വരെ ആവർത്തന പുസ്തകം പതിനൊന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിൻ്റെ ദൈവമായ ഹോയുടെ ദൃഷ്ടി നിൻ്റെ ദൈവം ആ ദൈവം ജീവനുള്ള ഒരു ദൈവമാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അവൻ ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞ് ഒരു വെളിപ്പാടായിട്ട് ലഭിച്ച് അത് ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അവിടുത്തെ ദൃഷ്ടി ഒരു ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എപ്പോഴും അതിന്മേലിരിക്കുന്നു ഇത് കേവലം ഒരു വർഷം എന്നുള്ളതല്ല ദൈവത്തിന് താൽപ്പര്യം എന്താ ദൈവത്തിന് ഈ ലോകത്ത് താല്പര്യമുള്ളത് എന്താണ് നമ്മൾ പറയും ജെറുസലേം ഇപ്പോൾ അതങ്ങനെ വരുന്നു അതിനെ ട്രംപ് പ്രഖ്യാപിച്ചു ഇതൊക്കെ ശരിയാണ് ശരിയാണ് ഇസ്രായേൽ ഇസ്രായേലിന് തീർച്ചയായിട്ടും തലസ്ഥാനം വേണം ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടി ആരുടെ മേലാ ഓ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത നമ്മുടെ മേലാ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ നിൻ്റെ ഹൃദയം എവിടെയിരിക്കും നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കും കൊച്ചു കാര്യമാണ് നിക്ഷേപം ഉള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം എവിടെ ദൈവത്തിൻ്റെ നിക്ഷേപത്തിലാണ് ദൈവത്തിൻ്റെ ഹൃദയം ഈ ലോകത്ത് ദൈവത്തിൻ്റെ നിക്ഷേപമേതാ നിക്ഷേപം എന്ന വാക്കിനെ നമ്മളൊന്ന് നോക്കുക ഒരു നമുക്കെങ്ങനെയാ ഒരു നിക്ഷേപം ഉണ്ടാകുന്നത് ഒരു നിക്ഷേപം എന്ന് പറയുമ്പോൾ നമുക്കൊരു സമ്പാദ്യം ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളുണ്ട് രാവിലെ പത്രക്കാരൻ കൊണ്ടുവന്ന് രണ്ട് പത്രം സിറ്റൗട്ടിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയം ഈ പത്രത്തിലല്ല ഈ പത്രം ആരേലും എടുത്തുകൊണ്ട് എന്നുള്ളതിലൊന്നും നമുക്ക് ഹൃദയമില്ല നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കുറച്ച് പണമോ സ്വർണമോ എന്തെങ്കിലും നിങ്ങളുടെ ലോക്കറിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളതിലാണ് ശ്രദ്ധ അടുക്കളയിൽ ഒരു കാക്ക കയറി ഒരപ്പ കഷ്ണം തട്ടിക്കൊണ്ടു പോയാൽ അതിൻ്റെ പുറകെ അല്ല നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയം എന്താ കള്ളം വന്ന് മറ്റേ നിക്ഷേപം കൊണ്ടുപോയോ എന്നുള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ നിക്ഷേപത്തിലാണ് ഈ ലോക്കറിലിരുന്ന നിക്ഷേപം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് നമ്മളതിനു വേണ്ടി അധ്വാനിച്ചു ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ച് കിട്ടിയതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഈ ലോക്കറിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് താനെ പാടുപെട്ട് തൻ്റെ സ്വന്തം അവസാനത്തുള്ള രക്തം വരെ നൽകി സമ്പാദിച്ചതാണ് ഈ നിക്ഷേപം അത് നമ്മളാ അത് നമ്മളാ മറ്റാരുമല്ല നമ്മളെ ഫാനി ക്രോസ്ബിയുടെ കാര്യം രാവിലെ പറഞ്ഞല്ലോ ആ വരിയിൽ ദൈവമേ നിന്റെ സമ്പാദ്യം ഞാനാ നമുക്ക് ആ ഉറപ്പുണ്ടോ നമ്മളല്ല ദൈവത്തെ തേടിയത് ദൈവമാണ് നമ്മളെ തേടിയത് ദൈവത്തിൻ്റെ സമ്പാദ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ സമ്പാദ്യം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ ഹൃദയം ഇരിക്കും അത് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം ദൈവത്തിൻ്റെ ഹൃദയമുണ്ട് എന്നൊരു കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് ഈ വാക്യത്തോട് ചേർന്ന് നമുക്ക് മറ്റൊരു വാക്യം നോക്കാം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായുഹോയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേലിരിക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കണ്ടിന്യൂസ് ടെൻസിൽ തുടർ ടെൻസിൽ ഉള്ള ആ വാക്യത്തെ തുടർന്ന് നമുക്കതുപോലെ മറ്റൊരു വാക്യം നോക്കാം ഒന്ന് രാജാക്കന്മാരിൽ ഒരു വാക്യമുണ്ട് ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ ശലോമോനോട് ശലോമോനോട് ദൈവം പറയുന്ന ഒരു വാക്യം അതിൻ്റെ ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യം യഹോ വ അവനോട് അരളി ചെയ്തു തന്നാൽ നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനയും ഈ യാചനയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു അടുത്ത വാക്യം എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെയിരിക്കും ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ശലോമോൻ നിർമ്മിച്ചു നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവനോട് അറിളി ചെയ്യുകയാണ് എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെയിരിക്കും ദൈവത്തിൻ്റെ ആലയം അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത പോലാണ് ശലോമോൻ അത് ക്രമീകരിച്ചത് ഒരു കാര്യവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറിയല്ല ദൈവം കൊടുത്ത പ്ലാനനുസരിച്ച് പദ്ധതി അനുസരിച്ച് ഭംഗിയായിട്ടത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും ഈ ദേവാലയത്തിൽ എന്താ നടക്കുന്നത് ഈ ദേവാലയത്തിൽ എപ്പോഴും ആരാധനയാണ് നടക്കുന്നത് ആരാധന ഇന്ന് വളരെ പലരും ഉപയോഗിക്കാറുള്ളൊരു വാക്ക് ആരാധന എന്നൊരു വാക്ക് ആരാധന എന്ന വാക്ക് കേൾക്കുമ്പോൾ അവർ പലപ്പോഴും അതൊരു പഴയ നിയമത്തിലെ ഒരു സ്പിരിറ്റിലാണ് ആരാധന എന്ന വാക്കുപയോഗിക്കുന്നു ഇവിടെ ഈ ദേവാലയത്തിലെ ആരാധന എന്തായിരുന്നു ശലോമോൻ്റെ ദേവാലയത്തിലെ ആരാധന എന്തായിരുന്നു അവിടെ ആളുകൾ വന്ന് അവിടെ യാഗങ്ങൾ കഴിക്കുന്നു അവിടെ നിലവിളക്ക് കൊളുത്തുന്നു അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ അപ്പം ക്രമീകരിക്കുന്നു അങ്ങനെ ഒത്തിരി പരിപാടികളാണ് പഴയ നിയമത്തിലെ ആരാധന ഒത്തിരി പെർഫോമൻസ് ഒത്തിരി പരിപാടികളാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവിടെ ആരാധന ഇന്നും പലരും പുതിയ നിയമ കാലഘട്ടത്തിൽ വന്നിട്ടും പലരും ആരാധന എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ടാ കാണുന്നു ഏഹ് ഞങ്ങൾ ഞായറാഴ്ച ചെന്നു എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു ഞങ്ങൾ പാട്ടുപാടി ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു പിന്നെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് സത്യത്തിലും ആത്മാവിലും വിശുദ്ധന്മാരോട് ഒക്കെ ശരിയാണ് ഇതൊക്കെ തന്നെ ശരിയായിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ഒരു നമ്മളൊരു തൂത്തുട്ടിക്കവലയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് നടത്തുന്ന ഒരു പെർഫോമൻസ് അല്ല ആരാധന മറിച്ച് എന്താ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഈ പഴയ ഉടമ്പടിയിൽ നിന്ന് കാര്യം മാറി ദൈവം പഴയ ഇവിടെ ആരെയാണ് നോക്കുന്നത് ആരാധകനെയാണ് ഒന്നാമത് നോക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് മുമ്പാകെ ഒരു തുറന്ന പുസ്തകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ഓരോ നിമിഷം ആ ആരാധനയുടെ ഒരു സുഗന്ധം ഉയര ഉയരുന്നുണ്ട് അല്ലെങ്കിൽ ഉയരണം അതിലാണ് ദൈവത്തിന് താല്പര്യം അല്ലാതെ നമ്മൾ വന്ന് നടത്തുന്ന അപ്പോൾ ഇതിന് പ്രസക്തിയില്ലേ ഉവ്വ് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് പക്ഷേ അത് സ്തുതിയും സ്തോത്രവും ദൈവത്തിന് നന്ദി പറയുന്നതും ഒക്കെയാണ് അതിനും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള യഥാർത്ഥ ആരാധകൻ്റെ മനോഭാവം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇതാ പഴയ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല അവിടെ ആലയത്തിലെ ആലയത്തിലായിരുന്നു അവിടുത്തെ ആരാധന ഒതുങ്ങി നിന്നത് പരിമിതപ്പെട്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ആയിരിക്കും പഴയ ഉടമ്പടിയിൽ ആരാധന ആലയത്തിൽ പരിമിതപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണും ഹൃദയം അവിടെ ആയിരുന്നു എന്നാൽ പുതിയ ഉടമ്പടി വന്നപ്പം അങ്ങനെ പരിമിതപ്പെട്ടിട്ടില്ല ആരാധകർ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ കോണിൽ നിന്ന് തന്നെയാണ് ആരാധന ഉയരുന്നത് നമുക്കറിയാമല്ലോ നമ്മള റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാമധ്യായത്തിൽ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹീത തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ അപ്പം ശരീരങ്ങളെ നമ്മുടെ ശരീരാവയവങ്ങളെ ദൈവേഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടെന്ന് വെച്ച് ദൈവേഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് റിയൽ വർഷിപ്പ് ആ ഒരു ആരാധന അതാണ് അതിനായിട്ട് മനസ്സ് പുതുക്കുന്നത് ഇതൊക്കെയാണ് പുതിയ ഉടമ്പടിയിലെ യഥാർത്ഥ ആരാധന അങ്ങനെയുള്ള ഒരു ആരാധകൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹൃദയവും നമുക്ക് ആ ഒന്ന് രാജാക്കന്മാർ ഒമ്പതിൽ എൻ്റെ മൂന്നിൽ നമ്മൾ വായിച്ച കാര്യത്തെ യഥാർത്ഥ ആരാധകനോട് ചേർത്ത് ഇങ്ങനെ പറയാം എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെയിരിക്കും അവിടെയിരിക്കും അവിടെയിരിക്കും ഞാനെന്താ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടേണ്ട നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിനായിട്ടൊരു യഥാർത്ഥ ആരാധകരായിട്ട് ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട് കണ്ണു മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയവും അവിടുണ്ട് കാരണം നമ്മളാണ് അവിടുത്തെ സമ്പാദ്യം അവിടുത്തെ നിക്ഷേപം ആ ദൈവം ഏത് ദൈവം മരിച്ചുപോയിട്ടില്ലാത്തൊരു ദൈവം ജീവനുള്ള ഒരു ദൈവം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഓ അതൊരു വെളിപ്പാടായിട്ട് ഇന്ന് രാവിലെ ഈ വർഷത്തിൻ്റെ അവസാന ദിവസം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അതൊരു ഒരു വെളിച്ചമായിട്ടാണ് പ്രകാശിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞ ആ ഒരു വാക്യം ഈ ഈ ആവർത്തന പുസ്തകത്തിൽ ഈ വാക്യങ്ങളൊക്കെ ആരാ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മോശ ഒടുവിലായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുക നിങ്ങളെന്തു വേണം ഞാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങളിതെല്ലാം ഈ കൽപ്പനകളൊക്കെ അനുസരിച്ച് ദൈവത്തിൻ്റെ ജനമായിട്ട് നിൽക്കണം അങ്ങനെ നിന്നാൽ നിനക്കെന്തുണ്ടാകും ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ തുടക്കം തന്നെ നോക്കുക നീ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം അങ്ങനെ പ്രമാണിച്ച് നിന്നാൽ നിങ്ങൾക്കെന്തുണ്ടാകും നിങ്ങൾ കടന്നു പോകുന്ന ദേശം ചെന്ന് കൈവശമാക്കാനൊക്കും ദീർഘായുസോടിപ്പാനൊക്കും എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് പല കാര്യങ്ങളും അതിൻ്റെ പത്താമത്തെ വാക്യം നോക്കുക നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രൈൻ ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിൻ്റെ കാല് കൊണ്ട് നനയ്ക്കേണ്ടി വന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ മഴവെള്ളം കുടിക്കുന്നതും നിൻ്റെ ദൈവമായ ഹോവ പരിപാലിക്കുന്നതും ദേശമാകുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ ഹോവയുടെ കണ്ടോ ഇത്തിരി അനുഗ്രഹങ്ങളാണ് ഇന്നും ചിലയിടത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഗൾഫിനൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ചില സഭയിലെ ചില ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ അധ്യായമൊക്കെയാണ് വായിക്കുന്നത് നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ പേറും പെറുപ്പും അനുഗ്രഹിക്കപ്പെടും നിൻ്റെ തൊ തൊട്ടി മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും അതനുഗ്രഹിക്കപ്പെടും ഇതനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇത് ആരാർക്ക് കൊടുത്തതാണ് പഴയ നിയമത്തിലെ ആ നിലയിലുള്ള വാഗ്ദാനം അതായി ഇന്ന് പലരും അതിലാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം ചിലർ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയല്ല ഇത് വേണം തീർച്ചയായിട്ടും ഇത് വേണം അങ്ങനെയുള്ളപ്പോൾ തന്നെ ഭൗതികമായ ഈ നിലയിലുള്ള കാര്യങ്ങൾക്കപ്പുറത്താണ് പുതിയ ഉടമ്പടിയിലെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഇത് മോശം പറഞ്ഞതാണല്ലോ മോശം കൊടുത്ത അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു തലമേ ആർക്കുണ്ടായിരുന്നുള്ളൂ പഴയ ഉടമ്പടിയിലെ ഈ ഇസ്രായേൽ മക്കൾ അവരോട് പറയുന്ന ഓരോ കാര്യവും അവർക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നത് ഇവിടെ ഇതാ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാല് കൊണ്ട് നിങ്ങൾ തോട്ടം നനയ്ക്കേണ്ട മഴ പെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്രത്തോളം മനസ്സിലാകുകയില്ല എന്നാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷമുണ്ട് എന്താ ഇവർ നേരത്തെ എവിടെ ആയിരുന്നു നേരത്തെ മിശ്രൈമിലായിരുന്നു മിസ്രൈമിലെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത അവിടെ എന്ത് വേണം അവിടെ കൃഷി ചെയ്താൽ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് നനച്ച് നനച്ച് നനച്ച് വേണം ഇത് കൃഷി ചെയ്ത് കൊണ്ടുവരാൻ അല്ലാതെ ഈ നിലയിലുള്ള മഴയുടെ കാര്യങ്ങൾ അവിടെ ഇല്ല അപ്പോൾ അവിടെ കൃഷി ചെയ്യാൻ ആരായിരുന്നു മിശ്രൈമരാ കൃഷി ചെയ്ത് ഇസ്രേമിയർ കൃഷി ചെയ്യുമ്പോൾ സത്യത്തിൽ പണി ചെയ്തതാരായിരുന്നു ഈ ഇസ്രായേൽ മക്കളായിരുന്നു കാര്യ ഇസ്രായേൽ മക്കൾ അവരുടെ അടിമകളായിരുന്നു ഈ അടിമകളായി ഇസ്രായേൽ മക്കളുടെ നേരം വെളുത്ത് വൈകുന്നവരെയുള്ള പണി എന്തായിരിക്കാം നമുക്ക് ഊഹിക്കാം ഇവിടെ മിശ്രൈമിയൻ്റെ തോട്ടമൊക്കെ നനയ്ക്കുന്ന ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പച്ചക്കറി തോട്ടം പോലെ മിസ്രൈൻ ദേശത്ത് അവിടെ നീ വിത്ത് വിതച്ചാൽ പച്ചക്കറി നട്ടാൽ പിന്നെ രാവിലെ മുതൽ നീയെ കാല് വെള്ളം ി അവിടെ കൊണ്ടുവന്ന് അത് നനയ്ക്കുകയൊക്കെ വേണം എന്നാൽ നീ നീ പോകുന്ന കനാനുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല അവിടെ മേളിൽ നിന്ന് മഴ പെയ്യും എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ആ ഒരു ജീവിതകാലം മുഴുവൻ മിശ്രേമിന് വേണ്ടി ഈജിപ്റ്റിലെ കാലുകൊണ്ട് വെള്ളം തേവിക്കൊണ്ടു വന്ന് നനയ്ക്കാനും ഒക്കെ കഷ്ടപ്പെട്ട ആളുകളോട് പറയുക പ്രിയപ്പെട്ടവരെ ഇനിയും നിങ്ങൾ അങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട നിങ്ങൾക്ക് സമയാസമയത്ത് മഴ കിട്ടുന്ന ദേശത്താണ് ഞങ്ങളിതിനെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉത്സാഹം നമുക്കിന്നത് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അത്രത്തോളം മനസ്സിലാകുകയില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മോശം പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് വളരെ താല്പര്യമുള്ള അനുഗ്രഹങ്ങളാണ് അതിൻ്റെ നമുക്ക് മറ്റൊരു വാക്യം ഈ അനുഗ്രഹത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം ഇരുപതാമത്തെ വാക്യം ഏഹോ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതേ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സായിട്ടായിരിക്കേണ്ടതിന് കണ്ടോ മോശയുടെ ആഗ്രഹം എന്താ മോശയുടെ ആഗ്രഹം ഞാൻ ഈ ഈ കനാലിലേക്ക് പോവുകയില്ല എന്നാൽ നിങ്ങൾ പോകുമ്പം നിങ്ങൾ നിങ്ങൾ ആ വാഗ്ദാത്ത ദേശത്ത് മഴയുള്ള ആ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ആദേശത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളും ദീർഘായുസോടിരിക്കണം ദീർഘായുസ് ദീർഘായുസോടിയിരിക്കണം എന്ന് തന്നെയല്ല അവിടെ പറയുന്നത് ഭൂമിക്കുമീതെ ആകാശമുള്ള കാലത്തോളം ഭൂമിക്കുമീതേ ആകാശമുള്ള കാലത്തോളം ഈ ഭൂമിക്കുമീതെ ആകാശമുള്ള കാലത്തോളം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളും ആ ദേശത്ത് ഭൂമിയിൽ ദൈവ സ്വർഗത്തിൻ്റെ ആ ഹെവ സ്വർഗം തന്നെ ഇറങ്ങി വന്നതുപോലെ നിങ്ങൾ ദീർഘായുസായിട്ട് അവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് വ്യക്തമായോ അതായത് മോശ അവിടെ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും അവിടെ ദീർഘായുസായിട്ടിരിക്കണം വെറുതെ ദീർഘായുസായിട്ട് ഇരുന്നാൽ പോരാ നിങ്ങളുടെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കണം ഹെവൻ അപ്പോൺ എർത്ത് സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതുപോലെ അങ്ങനെ ആയിരിക്കണം നമ്മളിവിടെ ഭൂമിക്ക് മീതി ആകാശമുള്ള കാലത്തോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസാനം വരെ എന്നുള്ള അതാണ് ഇവിടെ ഊന്നി പറയുന്നത് എന്നാൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ അങ്ങനെയല്ല മറിച്ച് എന്താ നിങ്ങൾ ദീർഘായുസയോടെ ആ ഭാഗത്തിരിക്കുമ്പം നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് എങ്ങനെയായിരിക്കണം അതൊരു സ്വർഗാനുഭവമായിരിക്കണം ഭൂമിയിലെ സ്വർഗാനുഭവമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങളൊക്കെ മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പം അതൊരു പുതിയ ഉടമ്പടിയുടെ ആത്മാവിൽ നമ്മളാണ് അനുഭവിക്കേണ്ടത് നമുക്കിതിനോട് ചേർന്ന് എന്ത് പറയണം നമ്മുടെ ഭൂമിയിലെ ജീവിതം ഇനി രണ്ടായിരത്തി പതിനെട്ടുണ്ടെങ്കിൽ ആ ജീവിതം എനിക്ക് ഭൂമിയിൽ തന്നെ ജീവിക്കുന്നത് പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൽ ജീവിക്കണം നമുക്കങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ ഞാനും ഭാര്യയും പത്ത് കുഞ്ഞുങ്ങളും കൂടെ ജീവിക്കുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ സ്വർഗം താണിറങ്ങി വന്ന സ്ഥലമാണ് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ ഒക്കോ അതിൻ്റെ അർത്ഥം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണെന്നല്ല അല്ല ചില ദിവസങ്ങളിലൊന്നുമില്ല പച്ചമാണ് പക്ഷേ എന്താ സ്വർഗാനുഭവം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വരാൻ ഒരു കുടുംബത്തിൽ നമുക്കത് അനുഭവിക്കാൻ ഒക്കും അതിൻ്റെ ഒരു ഫോർ ടേസ്റ്റ് സ്വർഗ്ഗത്തിൻ്റെ ഒരു മുന്ന മുൻരുചി നമുക്കനുഭവിക്കാനൊക്കെ ഒരു സഭയിൽ നമുക്കത് അനുഭവിക്കാനൊക്കും സഹോരന്മാർ എഴുപതോ ഒൻപതോ സഹോരന്മാരുണ്ട് പക്ഷേ എല്ലാവരും ഏകാത്മാവിൽ ഐക്യതയോടെ അന്യോന്യം ബഹുമാനിച്ച് അന്യോന്യം കീഴടങ്ങി ജീവിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ താണിറങ്ങി വന്നതാണ് കണ്ടോ ഇവിടെ മോശം പറയുന്ന ഈ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സഭാജീവിതത്തിൽ നമുക്കത് പ്രായോഗികമായിട്ട് നമുക്കത് കൈയാളാൻ ദൈവം ഇടയാക്കട്ടെ ഇനി നോക്കുക ആ വാക്യം മലയാളത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആണെങ്കിലും നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കുമീതി ആകാശമുള്ള കാലത്തോളം അണ്ടിൽ ദ ലാസ്റ്റ് അവസാനം വരെ നിങ്ങൾ ഭംഗിയായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് അതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് നമുക്കതിനെ കാണാൻ കഴിയുന്നത് നമുക്ക് അവസാനത്തോളം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ സ്വർഗാനുഭവത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ ഒരു തുറവിയിൽ നമുക്ക് ദൈവത്തിനിടയിൽ ഒരു കരട് പോലുമില്ല എന്ന് വെച്ചാൽ നമ്മളെന്തോ പൂർണ്ണത പ്രാപിച്ച ആളുകളാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലാളിത്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം അല്ലെങ്കിൽ കഴിയും എനിക്കറിയാവുന്നിടത്തോളം ഞാനും ദൈവത്തിനിടയിൽ ഒരു കരടില്ല ഞാൻ എന്തോ ഒരു പൂർണ്ണനാണെന്നുള്ളതല്ല പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ സമ്പാദ്യമാണ് ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ മേലുണ്ട് ദൈവത്തിൻ്റെ ഹൃദയം എന്നോടൊപ്പമാണ് എൻ്റെ കുടുംബജീവിതം ഒരു സ്വർഗം താണിറങ്ങി വന്ന അനുഭവമാണ് എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നുമില്ല എനിക്കറിയാവുന്നിടത്തോളം ഞാനും ദൈവം തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കരട് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ തുടർന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പേടി വരും എടാ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഇത് വർഷങ്ങളിങ്ങനെ കടന്നു പോയി രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് കഴിഞ്ഞു പത്തൊൻപത് കഴിഞ്ഞു നമ്മൾ ജീവനോടിരിക്കുകയാണെങ്കിൽ ഇനി വർഷങ്ങൾ കടന്നു പോകും ഇങ്ങനെയെല്ലാം പോയുമ്പം ഇപ്പോഴുള്ള ദൈവത്തോടുള്ള ഒരു സുതാര്യമായ ആ ഒരു ബന്ധം എനിക്ക് നിലനിർത്താൻ കഴിയുമോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ചിന്തകളൊക്കെ വരും നിൽക്കുന്നു എന്ന് തോന്നുന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു എത്രയോ പേര് വീണ് തകർന്ന ഒരു പോർക്കളമാണിത് പാട്ടൊക്കെ വരും കാണുന്നു ഞാൻ അസ്ഥി കൂടെ ശരിയാണ് നമ്മളും ചിലപ്പോൾ ഓർക്കും ഈ ഇവിടെ നമ്മോടൊപ്പം കസേരയിലിരുന്ന പലരും എന്തു എവിടെ പോയി ഇവരിൽ പലരും പലർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ വിശ്വാസകോളത്തിൽ ദൈവം കൊടുത്ത ഒരു ബോധ്യത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു റിസ്ക് അവിടുണ്ട് ആ റിസ്ക് കാണുമ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വരാം ഒരു പേടി വരാൻ ഇപ്പം ഞാൻ ദൈവത്തോടൊപ്പം നിൽക്കുന്നു പക്ഷേ ഭൂമിക്കുമേൽ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് ഭൂമിക്കുമീതേ ആകാശമുള്ള കാലത്തോളം അണ്ടിൽ ദ ലാസ്റ്റ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എൻ്റെ ജീവിത ഭൂമികയുടെ ആകാശം ഇങ്ങനെ നിൽക്കുന്ന ആ നിമിഷം വരെ അവസാനം വരെ എനിക്കിങ്ങനെ ദൈവത്തോടൊരു ബന്ധം പാലിച്ച് പോകാനൊക്കുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള പേടി വന്നിട്ടുണ്ടോ എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിയാ ഇങ്ങനെയൊക്കെ വലിയ അദ്വിതമെല്ലാം പറയുന്നു പക്ഷേ ഇതിനേക്കാളും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ പല പ്രിയപ്പെട്ടവരുണ്ട് അവർ ഇന്നലെയും പല സഹോന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ തിരിച്ച് വാഹന വണ്ടിയിൽ വന്നപ്പോഴേ ഞാൻ പല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള പേടിയൊക്കെ വരുമ്പോൾ ഇതാ ഇബ്രാഹ്ലേനം പന്ത്രണ്ടാമധ്യായത്തിൽ നമുക്കറിയാവുന്ന നമ്മളിനി ഇപ്പോൾ പുതിയ വലിയ വാക്യങ്ങളൊന്നും തപ്പി പോകണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെ നമുക്ക് ധാരാളം നമ്മളെത്രയോട്ടം വായിക്കുന്നതാണ് ഇബ്രാഹിലഹ്നും പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമൂർത്ത് അവനപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും കർത്താവിനെ നോക്കുക കർത്താവ് എന്തോ ചെയ്തു കർത്താവ് ഒരു ദൗത്യവുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് കർത്താവിനെ പോലെ തന്നെ ഓരോ ദൗത്യങ്ങളുമായിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത് അല്ലാതെ കർത്താവിന് മാത്രമായിരുന്നു ദൗത്യം നമുക്കൊന്നും ഒരു ദൗത്യവും ഇല്ലെന്നല്ല നമ്മളൊക്കെ ദൈവം നമ്മളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക നിലയിൽ പ്രത്യേക സ്ഥലത്താക്കിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ദൗത്യമുണ്ട് അത് പൂർത്തിയാക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം വരുമ്പോൾ ഇതാ കർത്താവ് അത് പൂർത്തിയാക്കിയോ കർത്താവ് പൂർത്തിയാക്കി അവിടെ നിന്ന് എന്തു ചെയ്തു തൻ്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാന ലക്ഷ്യമാക്കി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ താൻ എന്ത് ചെയ്തു ആ കാര്യത്തിൽ നിന്നു അതിൻ്റെ അകത്തൊരു കോംപ്രമൈസില്ലായിരുന്നു നമുക്കും കർത്താവിനെ നോക്കുമ്പം കർത്താവിൽ നിന്ന് ഈ ഒരു വലിയ ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ കർത്താവിന് കഴിഞ്ഞു കർത്താവ് എന്നോട് പറയുന്നു എൻ്റെ മകനെ മകളെ നീ എന്നെ അനുഗമിക്കുക എൻ്റെ പിന്നാലെ വരിക എന്നെ നോക്കുക പലപ്പോഴും നമ്മുടെ സംശയങ്ങൾ വന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ മൂടിക്കളയാനായിട്ട് നോക്കുമ്പോൾ പിന്നെയും മൂടൽമഞ്ഞിന് ഇട ഇടയിലൂടെ നമ്മൾക്ക് കർത്താവിനെ നോക്കണം ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഡിസംബർ ഒടുവൊക്കെ ആകുമ്പോൾ രാവിലെ എണ്ണീക്കുമ്പോൾ വലിയ മഞ്ഞ ഏ മൂടൽമഞ്ഞ ഒന്ന് പക്ഷേ ആ മൂടൽമഞ്ഞിനിടയിലൂടെ നമുക്ക് സൂര്യനെ കാണാൻ ഒക്കുന്ന പോലെ ഈ അവിശ്വാസത്തിൻ്റെ മൂടൽമഞ്ഞിനിടയിലൂടെ കർത്താവിനെ നോക്കുക കർത്താവ് നമുക്ക് തുല്യമായിട്ട് തന്നെ ഒരു ജഡത്തിൽ വന്നു നമ്മളെ പോലെ തന്നെ ഈ ഭൂമി ജീവിച്ചു പക്ഷേ പിതാവ് തനിക്ക് കൊടുത്ത ആ ദൗത്യം അതിൽ നിന്ന് താൻ ഭൂമിക്കു മീതേ ആകാശമുള്ള കാലത്തോളം താൻ മാറിപ്പോയില്ല താൻ അവസാനം വരെ അതിൽ തനിക്ക് കഴിഞ്ഞെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കുക നമുക്കും അത് കഴിയും അതുകൊണ്ട് സഹോദര പേടിക്കല്ലേ ചെറുപ്പക്കാരെ പേടിക്കല്ലേ മോളെ പേടിക്കല്ലേ ഇത് നമുക്കൊക്കും ഒക്കും ആരാ നമ്മുടെ കഴിവുകൊണ്ടാണോ പറ്റുന്നത് അല്ല ദൈവമുണ്ട് ദൈവമുണ്ട് ദൈവമുണ്ട് കർത്താവുണ്ട് ദൈവം അത് ചെയ്തു കൊള്ളും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് നമുക്ക് മറ്റൊരു വാക്യം നോക്കാം ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ പിന്നെയും പല വാഗ്ദാനങ്ങളാണ് മോശ അവിടെ കൊടുക്കുന്നത് ആവർത്തന പുസ്തകം നമ്മൾ വായിച്ച വാക്യം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത് പിന്നീട് നമ്മൾ വായിച്ചത് ഇരുപതാമത്തെ വാക്യമാണ് ഇരുപതാമത്തെ വാക്യം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം കണ്ടോ ഇതിൻ്റെ അകത്തെ എല്ലാ വാഗ്ദാനങ്ങളും എടുത്തു പറഞ്ഞ് നമ്മളോടുള്ള നിലയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് സന്തോഷിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സമയ ചുരുക്കം കൊണ്ട് അതിന് കഴിയുകയില്ല എന്നാലും ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ട് നിടമുക്കെയും നിങ്ങൾക്കാകും കൊള്ളാം കൊള്ളാം ആർക്കായി താല്പര്യമില്ലാത്ത നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും നമ്മുടേതാകും ഇന്ന് ചിലർ അങ്ങനെയൊക്കെ പറയാറില്ലേ രാവിലെ എന്ത് വേണം ബ്രതറെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തോ വേണം അവിടെ അങ്ങോട്ട് നെടുകയും കുറുകയും നടക്കണം നടക്കണം കുറച്ച് കഴിയുമ്പം ആൾക്കാരൻ്റെ വസ്തുവിൽ നമ്മൾ നടന്നു കഴിയുമ്പോൾ ആ വസ്തു നമ്മുടേതായിത്തീരും സമൃദ്ധി എന്തായത് എന്തായത് പക്ഷേ നോക്കുക ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകുമെന്ന് പറഞ്ഞത് പഴയ നിയമത്തിൽ അവരുടെ ആത്മീയ കണ്ണുകൾ അത്രത്തോളമേ ദൈവം വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത് നിൻ്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും എന്ന് പറയുന്നത് പക്ഷേ ഇതിനെ ഒരു ആത്മീയ തലത്തിൽ പുതിയ ഉടമ്പടിയുടെ തലത്തിൽ നമ്മളിതിനെ കണ്ടാലോ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മൾ നമ്മൾ പലതും നമ്മുടെ ഉള്ളംകാൽ ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊത്തിരി ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട് ശത്രുവിനെ തോൽപ്പിക്കുന്നതും ശത്രുവിനെ കാലിന് കീഴിലാക്കുന്നതും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂമികയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിന് ചുവട്ടിലായിട്ടില്ല ചിലർ പറയില്ലേ ബ്രദറെ എന്തോ ചെയ്യാനാണ് ഞാൻ അങ് മുൻകോപക്കാരനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സൗരിയോട് ഇങ്ങനെ പറഞ്ഞും പോയി അപ്പോൾ എന്താ ഈ മുൻകോപം എന്താ മുൻകോപം എന്ന് പറയുന്നത് എന്തോ ഒരു ഇപ്പോഴും കീഴടങ്ങാത്ത നമുക്ക് ജയം കിട്ടാത്ത മേഖലകളിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും ജയിക്കാനായിട്ട് ഒരുപക്ഷെ മോശ ഇത് പറയുമ്പം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പം അവിടെ അവിടെ നിന്നിരുന്ന ആളുകളുടെ മനസ്സിലൊക്കെ പല കാര്യങ്ങൾ ഓർമ്മ വന്നു കാണും നമ്മൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു വാക്യം നമുക്ക് നിന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നോക്കാം യോശയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം അവിടെ പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗം യോശുവ കനാൻ നാട് സ്ഥലം സ്ഥലം ഓരോരുത്തർക്ക് വിഭജിച്ച് കൊടുക്കുക എന്നു വെച്ചാൽ എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ആ സ്ഥലം എന്തു ചെയ്യണം കൈവശമാക്കണം കൈവശമാക്കണം പോയി കൈവശമാക്കി അവിടെയുള്ള ശത്രുക്കളെ കീഴടക്കി അത് സ്വന്തമാക്കുക എന്ന് പറയുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തർക്കൊക്കെ സ്ഥലങ്ങളൊക്കെ വിഭാഗിച്ച് കൊടുക്കുമ്പം ഒരാൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്നു ആരാണത് ആറു മുതലുള്ള വാക്യം പതിനാലിൻ്റെ ആറ് മുതൽ അത് യഫുന്നയുടെ മകൻ കാലേബ് കാലേബ് വന്നിട്ട് പറയുന്നു ആ ഞാനെന്താ എനിക്ക് നാൽപ്പത് ഞാൻ ദേശം ഒറ്റ നോക്കാൻ പണ്ട് മോശ എന്നെയും കൂടെ യോശയോട് പറയുക നമ്മളെ രണ്ടുപേരെയും പിന്നെ പത്ത് പേരെയും കൂടെ അയച്ച ഒരു രംഗം ഓർക്കുന്നുണ്ടല്ലോ അന്ന് എനിക്ക് വയസ്സ് നാൽപ്പതായിരുന്നു ഇപ്പോൾ എത്ര വയസ്സായി ഇപ്പം ഇപ്പം എനിക്ക് എൺപത് വയസ്സായി മുന്നോട്ട് പോയി വർഷങ്ങൾ പലത് മുന്നോട്ട് എൺപത്തഞ്ചായി ഇപ്പോൾ എനിക്ക് എൺപതല്ല എൺപത്തഞ്ചായി അതിൻ്റെ പത്താമത്തെ വാക്യത്തിൻ്റെ കൂടു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശം എന്നെ അയച്ച പോലെ തന്നെ എനിക്ക് ആരോഗ്യമുണ്ട് പടവിട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു ആകയാൽ ഏഹോവ ഇന്ന് കൽപ്പിച്ച ആ എനിക്ക് തരിക ആ ആരുണ്ട് അനാക്യമല്ലന്മാരുണ്ട് അനാക്യമല്ലന്മാർ ഇസ്രായേലിലെ ആളുകളുടെ പേടി സ്വപ്നം ഒക്കെ ആയിരുന്നു ഈ അനാക്യമല്ലന്മാർ നമുക്കറിയാമല്ലോ ഇവരെ മോശ ദേശമൊറ്റു നോക്കാൻ അയച്ച സമയം അയച്ച സമയത്തൊക്കെ അനാക്യമല്ലന്മാർ അവർ നമ്മളെ തിന്നുകളെയും അവർ നമ്മളെ എന്തു ചെയ്തുകളെയും അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ തോന്നി ഞാൻ ചിലപ്പോൾ നമ്മൾ നേരം വിളിക്കുമ്പോൾ നേരം വിളക്കുമ്പോൾ സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ നമ്മൾ സൂര്യനെതിരെ അങ്ങോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിലത്തൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ എതിരെ ചില ആളുകൾ വരുമ്പോൾ ആദ്യം അവരല്ല നമ്മുടെ ദൃഷ്ടിപ്പെടുന്നത് അവരുടെ നീളമുള്ള ഒരു നിഴല് വന്ന് നമ്മളെ മുട്ടും നമ്മൾ നിലത്ത് നോക്കി നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു കൊന്നത്തെങ്ങ് പോലൊരു നീളമുള്ള നിഴല് നമ്മൾ ഞെട്ടി നിലത്തു നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് വരുന്ന ഒരു അഞ്ചടി പൊക്കക്കാരനെ ഉള്ളൂ പക്ഷേ ഈ ചങ്ങാതിയുടെ പുറകിൽ ആ സൂര്യനെന്നുള്ളതുകൊണ്ട് എന്ത് പറ്റി അദ്ദേഹത്തിൻ്റെ നിഴല് ഓ പത്തോ ഇരുപതോ അടി നീളത്തിൽ വന്ന് അങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മളെ മുട്ടുക എന്ന് പറഞ്ഞതുപോലെ ഈ കാതേശ്വർ നയിൽ ഇവരെ പന്ത്രണ്ട് പേരെ ദേശം ഉറ്റുനോക്കാൻ ചെന്നപ്പം അവരെന്താ കനാൻ എന്ന് പറയുന്ന ആ പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കുന്ന ആ നാട്ടിലേക്ക് അവരങ്ങോട്ട് കടന്നു അവിടെ ചില അഞ്ചടിപ്പൊക്കക്കാരും രണ്ടരയടിപ്പൊക്കക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെ അവരുടെ നീണ്ട കറുത്ത നിഴല് കണ്ട് ഇവർ പേടിച്ചു പോയി ഇവർ പറഞ്ഞു എന്താ അയ്യോ ഇവർ നമ്മളെ തിന്നുകളയും ആളുകളെ തിന്നുകളയുന്ന ദേശമാണ് നമുക്കിവിടെ നിൽക്കാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞു പേടിച്ചു ആ രംഗത്ത് കാലേബും യോശയും മാത്രം അവർ നിന്നു അതിനെക്കുറിച്ച് കാലേബ് ഇപ്പോൾ പറയുക എട്ടാമത്തെ വാക്യം പതിനാലിൻ്റെ എട്ടാമത്തെ വാക്യം സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി ഞാനോ എൻ്റെ ദൈവമായ ഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നു നീ എൻ്റെ ദൈവമായ യുഹോവിയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു കാൽവച്ച ദേശം നമ്മുടേതാകും എന്നുള്ള ആ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് വന്നത് ഇവിടെ ഇതാ നാളുകൾ കഴിഞ്ഞ കാലേവ് പറയുന്നു അന്ന് മോശ പറഞ്ഞല്ലോ ഉള്ളം കാൽ സ്ഥലം നമ്മുടേതാകുമെന്ന് കാൽവെച്ച സ്ഥലം നമ്മുടേതാകുമെന്ന് ഇതാ ഞാൻ ദൈവത്തോടെ പൂർണ്ണമായിട്ട് പറ്റി നിന്നു അതുകൊണ്ട് ഈ കാൽ വെച്ച എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടാനുള്ളതാണ് അതുകൊണ്ട് ഈ മല എനിക്കിപ്പോൾ തരിക ഞാനത് കീഴടക്കിക്കൊള്ളാം എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ എന്തായത് ഇതിൻ്റെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ കാലിന് കീഴിലായിട്ടില്ലാത്ത ഏതെങ്കിലും പാപങ്ങൾ ഏതെങ്കിലുമൊക്കെ മുൻപരിചയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കീഴടക്കുന്ന അതിൻ്റെ മേൽ കാൽ ചവിട്ടുന്ന വർഷമാകണം രണ്ടായിരത്തി പതിനെട്ട് കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദാനമാണ് നീ കാൽ വെച്ച നിനക്കും നിൻ്റെ മക്കൾക്കും തരും ദൈവം വാഗ്ദാനം ചെയ്തിട്ട് അതിൽ നിന്ന് വാഗ്ദാനം ചെയ്താൽ വാഗ്ദാനമാണ് നമുക്കത് തരും പക്ഷേ അവിടെ കണ്ടോ നീ നീ കാൽവെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് പറയുമ്പം അതിനൊരു ക്ലോസ് അതിനൊരു കണ്ടീഷൻ അതിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട് യോശോ പതിനാലിൻ്റെ ഒൻപതാമത്തെ വാക്യം നീ എൻ്റെ ദൈവമായ യഹോയുടെ പൂർണമായി പറ്റി നിന്നത് നീ കാൽവെച്ച ദേശം നിനക്ക് തരും നമുക്കും പാപത്തിൻ്റെ മേൽ ജയം അല്ലെങ്കിൽ മുൻകോപത്തിൻ്റെ മേൽ ജയം അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൻ്റെ മേൽ ഇന്ന കാര്യത്തിൻ്റെ മേൽ ഒക്കെ നമുക്ക് താല്പര്യമുണ്ട് പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഹോൾ ഹാർട്ടഡായിരിക്കണം ദൈവമേ എനിക്ക് ഈ കാര്യത്തിൻ്റെ മേൽ ജയം വേണം ഇങ്ങനെ പോയാൽ പോരാ പണം എന്നെ തോപ്പിച്ച് കളയാൻ ഇടയാകരുത് എനിക്ക് ഞങ്ങൾ കുടുംബക്കാരായിട്ടേ പണത്തോടൊരു താല്പര്യമുള്ള ആളുകളാണ് രണ്ടായിരത്തി പതിനേഴ് വരെ അങ്ങനെ പോയി പക്ഷേ പതിനെട്ടാകുമ്പോൾ ഇവൻ്റെ മേൽ ഞാനെന്തോ ചെയ്യണം ഞാൻ കാല് വെക്കണം ഇതെനിക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞ് അത് കേവലം ഇന്ന് നമ്മൾ മീറ്റിങ്ങിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു തീരുമാനമോ മാത്രമായി നിൽക്കരുല്ലേ അതിനോട് പറ്റി നിൽക്കണം പൂർണ്ണമായിട്ട് പറ്റി നിൽക്കണം ആ തീരുമാനത്തോട് ഹോൾ ഹാർട്ടഡായിട്ട് നിന്നാൽ നിന്നാൽ എന്തോ ചെയ്യും കുറച്ച് കഴിയുമ്പം ഇത് യാഥാർത്ഥ്യമായി മാറും എങ്ങനെ ഈ നമ്മൾ പലപ്പോഴും ഈ ക്രിസ്തീയതയിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങളാണ് ആളുകൾ പറയുന്നത് ഏ തൊപ്പിക്കകത്തൊന്നും ഒരു വടിയെടുത്ത് ഇങ്ങനെ കാണിച്ചു ഉടനെ ബോയൽനേക്കും ഇതുപോലൊക്കെയാ നമ്മളൊരു മീറ്റിങ്ങിന് ഒരു അനുഗ്രഹീതനായ ദൈവഭൃത്യൻ്റെ ഏ അന് അഭി അനുഗ്രഹീതന്നല്ലിപ്പോൾ അഭിഷക്തൻ ഒരു ദൈവഭൃത്യൻ്റെ മീറ്റിങ്ങിൽ ചെന്നിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചു ഉടനെ കാര്യങ്ങളെല്ലാം വ്യത്യാസമായി നമുക്കെപ്പോഴും അത്ഭുതങ്ങളായി കഥ കേൾക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ കഥ പറയുന്ന പോലെ ഉടനെ തന്നെ രാജാവ് വന്നിറങ്ങി കാര്യങ്ങളെല്ലാം ഭംഗിയായി എന്ന് കഥ തീരുന്നത് നമ്മളൊക്കെ ഈ കഥകളിൽ കൊച്ചുനാളി മുതൽ കേട്ടിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സർപ്രൈസിന് വേണ്ടിയാ നമ്മളെല്ലാവരും താല്പര്യപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണെങ്കിൽ ഈ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ഇത്രയേറെ വിറ്റ് പോകുന്നത് എപ്പോഴും എപ്പോൾ വേണേലും അടിക്കാം കോടികളാണ് എന്നുള്ള അതേ മനോഭാവം തന്നെ ആത്മീയതയിലും പലരും കൊണ്ടു എൻ്റെ ഈ മുൻകോപം എൻ്റെ അത് ഇത് മറ്റേത് എല്ലാം എന്ത് ചെയ്യും ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എന്തായി തീർന്നു സംഗതി വിടുതലാ വിടുതലാ വിടുതൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിടുതൽ അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത് നമ്മളതിനോട് പറ്റി നിന്നാൽ നമ്മൾ അതിനോട് എത്രത്തോളം ഹോൾ ഹാർട്ടഡായിട്ട് നിന്ന് അങ്ങനെ നടക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ നടക്കാം ദൈവം ദൈവം നമ്മുടെ ഒരു സി എഫ് സിയുടെ ഒരു കള്ളിക്കകത്ത് നമുക്ക് ഒതുക്കെ നിർത്താൻ ഒക്കുകയില്ല ദൈവം ദൈവമാണ് അപ്പത്തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ കാണുമ്പോൾ ദൈവം അങ്ങനെ വളരെ അപൂർവ്വമായിട്ട് പ്രവർത്തിക്കാം എന്നാൽ ഭൂരിപക്ഷം രംഗങ്ങളിലും അതിനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത് സഹോദര സഹോദരി നിനക്ക് ഈ പാപത്തിൻ്റെ മേൽ ജയം കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അതിനായിട്ടൊരു നിലവിളി നിൻ്റെ ഹൃദയത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം തൃപ്തിപ്പെടുത്തും തൃപ്തിപ്പെടുത്തും ഓക്കെ നമുക്ക് ഇവിടെ ഇതാ കാലേബ് ഈ നിലയിൽ പറയുന്നു കാലേബിന് സ്ഥലം കൊടുത്തു കാലേബ് ആ മല പിടിച്ച് കാലേബിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമായ ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനായിട്ടുണ്ട് പന്ത്രണ്ട് പേരെയാണ് അവിടെ വിട്ടത് വിട്ടപ്പം വിട്ടപ്പം കാലേബും യോശുവായും ഒഴിച്ച് ബാക്കി എല്ലാവരും ദുർവർത്തമാനം വന്ന് പറഞ്ഞു സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണല്ലോ നമ്മൾ ആ രംഗം കാണുന്നത് നമുക്ക് ഈ ഭാഗം എല്ലാം വിശദമായിട്ട് പറയുന്നില്ല എന്നാൽ ആ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും യോശുവേം കാലേബ് നമ്മൾ പലപ്പോഴും യോശിവയ്ക്കുക പലപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് യോശുവ ഇൻ എന്നാണല്ലോ നമ്മുടെ പാട്ടിലുമൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ ഈ പതിമൂന്നാം അധ്യായം വായിക്കുമ്പം കാലേബ പലയിടത്തും യോശുവായിക്കും മുമ്പിൽ നിൽക്കുന്നത് അവിടെ പതിമൂന്നാം അധ്യായം അവിടെ വന്ന് അവരെ ദുർവർത്തമാനം പറ എങ്കിലും അവിടെ ഉള്ളവർ പട്ടണങ്ങൾ ബലം ഉറപ്പുമുള്ളവയാണ് ജനങ്ങളൊക്കെ വലിയ വലിയവരാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുപ്പതാമത്തെ വാക്യം നോക്കുക പതിമൂന്നിൻ്റെ മുപ്പത് എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല അവർ നമ്മൾ ബലവാന്മാരാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ദേശനിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു അവർ അധികാരന്മാരാണ് അവർ അനാഖ്യമല്ലന്മാർ വിട്ട് ഞങ്ങൾ വെട്ടിക്കളികളെ പോലെ തോന്നി എന്നെല്ലാം മറ്റവർ പിന്നെയും പറയുമ്പോൾ കാലേബാണ് കാലേബ് ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്ന ഒരാളാണ് ഇവിടെ യോശയുണ്ടാവും പക്ഷേ കാലേബിനെക്കുറിച്ചാണ് പറയുന്നത് കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി അല്ല നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുമാവും സ്ഥലം വന്ന് കണ്ടതാണല്ലോ ഇതെല്ലാം ശരിയാണ് ഓ വലിയ ആളുകളൊക്കെയാണ് പക്ഷെ നമ്മോടുകൂടെ ഉള്ളവൻ ഇവരോടുകൂടെയുള്ളവനേക്കാൾ വലിയവനാണ് എന്ന വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാൻ കാലേബേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പതിനാലിൻ്റെ പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇവിടെ ഇത് ആ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളത് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ യോശുവേയും കാണുന്നുണ്ട് ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും യഫുനയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശിയും ഒഴികെ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് നേരെ പെറുപിറുത്തവരെല്ലാം ഈ അവരുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും എന്നാണ് പറയുന്നു അപ്പോൾ കാലേബ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ രംഗത്ത് ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തവനാണ് ഇന്നിപ്പോൾ അവന് എൺപത്തഞ്ച് വയസ്സുണ്ട് എൺപത്തഞ്ച് വയസ്സുണ്ട് എൺപത്തഞ്ച് വയസ്സുള്ളപ്പം ആ കാലേബ് വന്ന് ദൈവത്തോട് ഇപ്പോഴും അവൻ പൂർണ്ണമായിട്ട് പറ്റി നിൽക്കുകയും ദൈവിക സത്യങ്ങളോട് ഒരു പക്ഷേ പുതിയ ഉടമ്പടിയിലെ നമുക്ക് പോലും നമുക്ക് പോലും അനുകരിക്കാവുന്ന ചില മാതൃക ഇവിടെ കാലേബിൻ്റെ ജീവിതത്തിലുണ്ട് കാലേബ് വന്ന് ഇതൊക്കെ ആരോടാണ് പറയുന്നത് യോശുവയോടാണ് പറയുന്നത് ഈ യോശുവ ആരാ യോശുവായും കാലേബും ഇവർ രണ്ട് പേരുമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് ദൈവത്തിന് വേണ്ടി നിന്ന ആളുകൾ അപ്പം തന്നെ ഒന്നാമത് നിന്നതായിട്ട് ആരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത് കാലേവിനെക്കുറിച്ചാണ് വായിച്ചത് ഒരു രണ്ടാം സ്ഥാനം എന്ന് പറയാവുന്ന ഒരു സ്ഥാനമായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഞാൻ ഇങ്ങനെ തീർത്ത് പറയുകയില്ല നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയാം ഒരു പക്ഷേ കാലേവിന് വേണമെങ്കിൽ യോശിയോട് അസൂയപ്പെടാനും യോശിയോട് വന്ന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള പല പല ന്യായങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട് ആ ഇപ്പം മോശ മോശ അവസാന കാലത്ത് സത്യം പറഞ്ഞാൽ എന്നെയായിരുന്നു ഇസ്രായേൽ സഭയുടെ എൽഡർ ആക്കേണ്ടത് കാര്യം ഞാൻ കാലേ ഞാനായിരുന്നു ആദ്യം എന്തോ ചെയ്തത് ഞാനാണത് അമർത്തിയത് യോശുവ പിന്നെ അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ മോശ എന്തോ ചെയ്തു യോശുവയെ ഇതിൻ്റെ നേതാവാക്കി ആ യോശുവയോട് ഇപ്പോൾ ചെന്ന് ഒരു ഫേവറ് ചോദിക്കാൻ ഞാൻ പോകത്തില്ല എന്നൊന്ന് നല്ല സാധാരണ ആളുകൾ പറയും എൺപത്തഞ്ച് വയസ്സുകൊണ്ട് ഞാനെന്നെ അവനോട് ചെന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ കാലേബും യോശിയും രണ്ടുപേരും ഒരേ പോലെയുള്ള ആളുകൾ പക്ഷെ അവരുടെ ഇടയിൽ എന്തില്ലായിരുന്നു ഒരു സൗന്ദര്യപ്പണക്കമില്ലായിരുന്നു അംഗീകാരം കൂടുതൽ എൻ്റെ സഹോദരന് കിട്ടി യോശുവയ്ക്ക് കിട്ടി ഓക്കെ ആയിക്കോട്ടെ ഇതെല്ലാം ദൈവമല്ലേ ചെയ്യുന്നത് ദൈവം ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ കാലേബ് ആ കാര്യത്തോട് കീഴടങ്ങിയിരുന്നു ഒരു പക്ഷേ ഈ അനാക്യമല്ലന്മാരെ തോൽപ്പിച്ചതിനേക്കാൾ നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നിച്ച് തുടങ്ങി ഒന്നിച്ച് സഭയിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഒരാളെ അനുഗ്രഹിച്ചു നമ്മൾ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടില്ല ഓക്കെ പക്ഷേ അതിനെ തുടർന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സഹോദരനോട് ഒരു നേരിയ അസൂയ പോലും വരല്ലേ കാലേവ് എങ്ങനെയായിരുന്നു കാലേബിന് അങ്ങനെയുള്ള അസൂയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ അവൻ ദൈവത്തോട് പറ്റി നിന്നു ദൈവത്തോട് പറ്റി നിന്നു അതിൻ്റെ ഫലമായി ദൈവം പതിനാലിൻ്റെ ഒൻപതാം വാക്യം യോശോ പതിനാലിൻ്റെ ഒമ്പത് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു അതുകൊണ്ട് കാൽവെച്ച ദേശം നിനക്ക് നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിട്ട് തന്നു നമുക്ക് നമ്മുടെ മേൽ നമുക്ക് ഈ വർഷം നമ്മുടെ മേൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ കാൽ വെക്കുന്ന അത് നമ്മുടെ കാലിന് കീഴിലാകുന്ന ഒരു സമയമായിത്തീരട്ടെ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം യോശയുടെ പുസ്തകം പത്താം അധ്യായത്തിൽ പത്താം അധ്യായത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ കാല് ചിലരുടെ കഴുത്തെ വെക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പത്താം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ രാജാക്കന്മാരെ യോശയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഏത് രാജാക്കന്മാർ അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ചു ഈ രാജാക്കന്മാരെല്ലാം മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചിരിക്കുന്നു എന്ന് യോശുവയ്ക്ക് വിവരം കിട്ടി ഉടനെ യോശുവെന്ത് ചെയ്തു യോശുവ ആ ഗുഹയിൽ നിന്ന് ഈ രാജാക്കന്മാരെ കൊണ്ടുവന്നു ആ രാജാക്കന്മാരെക്കുറിച്ച് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യോശുവയുടെ പുസ്തകം പത്തിൻ്റെ ഇരുപത്തിമൂന്ന് എരിശിലേൻ രാജാവ് ഹെബ്രോൻ രാജാവ് യമൂദ് രാജാവ് ലാഗീഷ് രാജാവ് എഗ്ലോൻ രാജാവ് എന്നീ അഞ്ച് രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പഠചനത്തിൻ്റെ അധിപതിമാരോട് അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽവെപ്പിൻ എന്ന് പറഞ്ഞു കണ്ടോ കണ്ടോ ഇവർ കനാൽ നാട്ടിലെത്തി കനാൽ നാട്ടിൽ അവരെ ഒത്തിരി യുദ്ധങ്ങൾ കാത്തു നിൽക്കുക ഇവരെ ഈ അഞ്ച് രാജാക്കന്മാർ ഒന്നിച്ച് ഒരു മുന്നണി ഈ വന്ന കനാനിലേക്ക് പുതുതായിട്ട് വന്ന ഇസ്രായേലിനെതിരെ അവരൊരു മുന്നണി ഉണ്ടാക്കി ഒന്നിച്ച് യുദ്ധത്തിനിറങ്ങി പക്ഷേ ദൈവം യോശുവയുടെ കൂടെ ഇരുന്നതുകൊണ്ട് യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് നമ്മൾ പത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മളങ്ങനെ കാണുന്നുണ്ട് യഹോവ തന്നെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് ഈ അഞ്ച് രാജാക്കന്മാരെയും കീഴടക്കാനായിട്ട് പറ്റി കീഴടക്കാനായിട്ട് പറ്റിയെങ്കിലും ആളുകളുടെ മനഃശാസ്ത്രം അറിയാവുന്ന യോശുവ ഇവരെ കീഴടക്കി അവരെ തലവിട്ടി കാര്യങ്ങൾ അവസാനിപ്പിച്ചില്ല ഈ രാജാക്കന്മാരെ നശിപ്പിക്കുന്നതിന് മുമ്പ് അവരെ ജീവനോടെ പിടിച്ചിട്ട് തൻ്റെ കീഴിലുള്ള പടജനത്തോട് ആളുകളോട് പറഞ്ഞു ഇവ നിങ്ങളെന്തോ ചെയ്യുക നിങ്ങൾ വന്ന് വേണ്ട ഈ വലിയ രാജാവിൻ്റെയൊക്കെ കഴുത്തേൽ കാല് വെയ്യ അതൊരു സിമ്പോളിക്കായ ഒരു നടപടിയാണ് എന്താ അത് എല്ലാ പേടിയുടെ ഇവർ പാവപ്പെട്ട ഇസ്രായേൽ മക്കൾ അടിമകളൊക്കെ ആയിരുന്നു മരുഭൂമിയിലൂടെ നടന്നുവന്നു വലിയ യുദ്ധവും യുദ്ധതന്ത്രങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ളവർ ഇവിടെ യഗ്ലോൻ രാജാവുണ്ട് എരുഷലേൻ രാജാവുണ്ട് ഹെബ്രോൻ രാജാവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചായിരുന്നത് ഇവരെ അഞ്ച് കൂട്ടരും കൂടെ ചേർന്ന് മുന്നണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പേടിച്ചും വരച്ചും പോയത് പക്ഷേ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പം യോശുവ പറയ നിങ്ങൾ ചെന്ന് നിങ്ങൾക്കൊരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന ഈ രാജാക്കന്മാരുടെ കഴുത്തേൽ കാൽവയ്പേ എന്ന് പറഞ്ഞു അവർ ചെന്ന് അവരുടെ കഴുത്തിൽ കാൽവെച്ചു ഇരുപത്തഞ്ചാമത്തെ വാക്യം യോശു അവരോട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കുള്ള ആ കാരണമായ പേടികളോ നമ്മളിപ്പോൾ വലിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അതെങ്ങനെയാകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാകും ഇവരുടെയൊക്കെ വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് യൂത്ത് കോൺ മീറ്റിങ് നമ്മൾ നടത്തുക യൂത്ത് മീറ്റിങ് നടന്നപ്പോൾ അതായത് യൂത്ത് മീറ്റിങ് നടക്കുക യൂത്ത് മീറ്റിങ്ങിലെ ഒരു സെഷൻ വിവാഹം കഴിക്കാൻ പ്രായമായ നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെയും ആൺകുഞ്ഞുങ്ങളുടെയും ഒരു പ്രത്യേക യോഗം അവർക്ക് ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു സെഷൻ നടത്തി അപ്പോൾ ഞാൻ പുറകിലിരുന്ന് നോക്കുക നോക്കിയപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ ഭാഗത്ത് ഒരു ആറുപേർ ഈ മുമ്പിലത്തെ രണ്ട് കസേരയിലായിട്ടിരിക്കുന്നു പെൺകുട്ടികളോ പെൺകുട്ടികൾ അവിടെ ഏകദേശം പുറകു വരെ ഇരിക്കുക അപ്പോൾ ഒരു സഹോരൻ എന്നോട് പറഞ്ഞു കണ്ടോ കണ്ടോ ഇത്രയും പെൺകുഞ്ഞുങ്ങൾ നമുക്കുണ്ട് നമുക്ക് എത്ര ആൺകുഞ്ഞുങ്ങളേ ഉള്ളൂ വേണ്ട ആറുപേരേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്ക് എങ്ങനെ നടക്ക് സഹോര സഹോരി പേടിക്കണ്ട പേടിക്കണ്ട ആരുണ്ട് ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പി നമ്മൾ പലതും മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ജോലിയില്ല എങ്ങനെ കാര്യം മുന്നോട്ട് പോകും ഇന്നത്തെ കാലത്ത് മോദിയുടെ ഒത്തിരി പരിഷ്കാരങ്ങളുമൊക്കെ വന്ന് ഒത്തിരി ജോലി സാധ്യതകളൊക്കെ പോയി ഓ ഞാൻ ബി ടെക്കും പാസ്സായി ബി ടെക് പാസ്സായതുകൊണ്ട് എത്രയോ പേര് വെറുതെ നിൽക്കുന്നു എനിക്കും ഇതേ വരെ ജോലിയില്ല മോനെ പേടിക്കണ്ട പേടിക്കണ്ട ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും യോശുവായിക്കിങ്ങനെ പറയാൻ എങ്ങനെയാണ് കഴിഞ്ഞത് യോശുവായിക്കിങ്ങനെ പറയാൻ എങ്ങനെ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഒന്നാമധ്യായം യോശിയുടെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക നേരത്തെ യോശിയോട് ഇതേ കാര്യം തന്നെ ദൈവം പറഞ്ഞിരുന്നു എന്തോ പറഞ്ഞു നിൻ്റെ ദൈവമായ ഹോ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചല്ലോ ദൈവം ആദ്യം തന്നെ യോശയോട് ഈ കാര്യം പറഞ്ഞു നീ എന്തു നീ ഭയപ്പെടരുത് ഭ്രമിക്കരുത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കുക എന്ന പറഞ്ഞു അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ആദ്യം അവസാനിപ്പിക്കുമ്പോഴും ദൈവം പറയുക ഉറപ്പും ധൈര്യം ഉള്ളവനായി മാത്രം ഇരുന്നാലും നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് മാത്രം ഇരുന്നാൽ മതി ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്ന് നേരത്തെ ദൈവം ആരോട് പറഞ്ഞു യോശിയോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ കേട്ട അളവിലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനൊക്കെയുള്ളൂ യോശോയ്ക്കെങ്ങനെ ഈ അഞ്ചു പേരുടെ കഴുത്തേക്കാൽ വയ്ക്കാനും എന്നിട്ട് ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരുപ്പാനും പറയാനും എങ്ങനെ കഴിയും ഇതേ വാക്കുകൾ നേരത്തെ യോശുവ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കേട്ടിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെ കേൾക്കാം ഭയപ്പെടരുത് ശങ്കിക്കരുത് ഉറപ്പും ധൈര്യമുള്ളവരായിട്ടിരിക്കാം നമുക്ക് ദൈവസ്ഥാനെഴുന്നേറ്റി നിൽക്കുകയും നമ്മൾ കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ചെയ്യാം